വിശ്വാഹ്ലാദാദക്ഷണമ്യുണ്ടിമണി ജ്യോതിർജക്ഷിമൂർത്തിവ്യാസംഗം ജാനോത്തമാഖ്യം കൈ പ്രത്യാഗലോദം ഇത്രപത്തിരാധന പ്രകൾ ആചാരമു പ്രീഷ പ്രണനഹനിർഭിമഹാമോഹാമൈ നമസ്കോ നൃസിംഹായ പ്രകാശാ ീന ആത്മാനാ ഭാഗ സമഗ്ര ഭവാ എങ്ങനെയാണ് ഹേതു ശ്രദ്ധിക്കുന്നത് ഹേതു പറഞ്ഞത് ഉഭയസമ്മതമായി ശ്രദ്ധിക്കും രണ്ടു കൂട്ടർ പോകുന്നുണ്ട് കാരണം എന്താണ് സുഹൃത്ത് ഭാവരൂപത്തെ അജ്ഞാനത്തെ സ്വീകരിക്കുമ്പോഴും അതിന് വിരോധിയായ വിശേഷജ്ഞാനാഭാവത്തെ സ്വീകരിക്കുന്നു ആ വിശേഷജ്ഞാനാഭാവ ഭാവരൂപാജ്ഞാനത്തെ എങ്ങനെ ശ്രദ്ധിക്കും ജാഗ്രതത്തിലെ സ്മൃതിയിലൂടെ ഇനി വിശേഷജ്ഞാനാഭാവത്തെ അന്മാനത്തിലൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി ഏത് വേണം ജ്ഞാന സാമഗ്രി അഭാവം ഇനി ഞാനാഭാവത്തെ സാക്ഷി ശുദ്ധം ആയി സ്വീകരിക്കാനും പറ്റത്തില്ല നെറുകൽപ്പകമായ സാക്ഷി സവികൽപകമായ ഒന്നിനെ പ്രത്യക്ഷമാക്കത്തില്ല ഞങ്ങതിന്റെ ആവശ്യമില്ല അത് പറഞ്ഞു ഞങ്ങൾ ഭാവരൂപജ്ഞാനം കൊണ്ട് അനുമാനിക്കും സൂപ്തികാല വിശേഷജ്ഞാന ഭാൻ ഭാവരൂപ അജ്ഞാനങ്ങനെ അനുമാനിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ഭാവരൂപമായ അജ്ഞാനത്തെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ട് അനുമാനിക്കും അത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല കാരണം നമ്മുടെ ചർച്ച ഇപ്പൊ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ശ്രദ്ധിച്ചിട്ട് തന്നെ ശരി അപ്പൊ എന്നത് ശ്രദ്ധിക്കാം കൈശ്ചിത് അനുമാനം രചിതം ന തവത് അജ്ഞാനം ജ്ഞാന അഭാവമാന അഗമ്യത്വ സമ്പ്രതിപ്പെ കൈശ്ചിത് അനുമാനന്റെ ചിത്രം ആരോ ഒരു അനുമാനം പറഞ്ഞു ഇതാരാ പറഞ്ഞത് ഒരു ന്യാസകാരൻ എന്ന് പറയുന്നു വ്യാകരണത്തിൽ പ്രസിദ്ധമായൊരു ന്യാസകാരനുണ്ട് എല്ലാവർക്കും അറിയാം കാർഷികാവൃത്തിക്ക് ന്യാസം എന്ന് പറയുന്ന പദമഞ്ചരി ഹരദത്തൻ പദമഞ്ചരി മറ്റേ ജനേന്ദ്ര ബുദ്ധി എന്ന് പറയുന്ന ഒരാള് ന്യാസം എന്ന് പറയുന്ന ഒരു വിശദീകരണം എഴുതി കാശിക വാമന ജയാദിത്യന്മാർ രണ്ടുപേര് ചേർന്നാണ് കാർഷിക എഴുതിയിരിക്കുന്നത് അതിന് എന്ന് പറയുന്ന പ്രസിദ്ധമായ വ്യാഖ്യാനങ്ങൾ അത് വ്യാകരണമല്ലേ ഇവിടെ ഭാഷം അതിന്റെ വ്യാഖ്യാനമാണ് കൈസ്റ്റ് അനുമാനം ആരോ ഒരാൾ ന്യാസകാരനെന്ന് പറയുന്നു ഇതാരാണെന്ന് ആർക്കും അറിയത്തില്ല പല ഗ്രന്ഥങ്ങളും ഗ്രന്ഥങ്ങളും ഗ്രന്ഥകാരന്മാരും എല്ലാം അതുകൊണ്ട് ന്യാസകാരൻ കാണുമായിരിക്കും പൊതുവെ അത് ആരൊന്നറിയില്ല ഏതൊരാളാണ് ആരും ആയിക്കോളട്ടെ അനുമാനം ഇതാണ് ഇന്നത്താമത് അജ്ഞാനം ജ്ഞാനഭാവ അഭാവമാന അഗമ്യത്വ സമ്പ്രതിപന്നവത് പക്ഷം എന്താണ് സാധ്യം എന്താണ് അപ്പൊ എന്തായി ഭാവത്തും ഞായെ അങ്ങോട്ട് ചേർക്കണം പക്ഷത്തോടല്ല താപത്തിനെ കളയുന്നു ആവശ്യത്തിൽ അജ്ഞാനത്തെ എടുക്കണം അപ്പൊ അതെന്തായി പക്ഷമായി നായേ ജ്ഞാനാഭാവത്തോട് ചേർക്കണം അപ്പൊ എന്തായി സാധ്യം എന്ന് പറഞ്ഞാൽ അജ്ഞാനമാകുന്ന പക്ഷത്തിൽ എന്നുവെച്ചാൽ ജ്ഞാനം ഭാവമാണെന്ന് അഭാവം എന്ന് പറയുമ്പോ എന്തായി ഭാവമായി ജ്ഞാന അഭാവ അഭാവം എന്ന് പറയുമ്പോൾ ജ്ഞാനമല്ല എന്തുകൊണ്ട് ജ്ഞാന അഭാവം എന്ന് പറഞ്ഞാൽ അതിനീ അജ്ഞാനം എന്ന് പറയും അതജ്ഞാനമാണ് അതിന്റെ അഭാവം എന്ന് പറയുമ്പോൾ മറ്റേ അജ്ഞാനം ഏത് കട്ടിപിടിച്ച അജ്ഞാനം ഭാവം എന്ന് പറയുമ്പം ഭാവജ്ഞാനമായി ഇവിടെ പറയുന്നത് ഞ ന ജ്ഞാനാഭാവ ഇത്രേ പറയുന്നുള്ളു ജ്ഞാനാഭാവം അല്ല എന്തായാലും പിന്നെ പറയുന്നവരനുസരിച്ച് എന്തായിരിക്കും അത് ജ്ഞാനാഭാവമല്ലെന്ന് പറഞ്ഞാൽ അജ്ഞാനം എന്താണ് ഭാവമായി അർത്ഥാത് കിട്ടും അപ്പൊ സാധ്യത്തിൽ ഇത്രേ വേറെ എന്നുള്ളൂ അത് ജ്ഞാന അഭാവമല്ല എന്തുകൊണ്ട് അഭാവമാന അഗമ്യത്വ അഭാവ മാന അഗമ്യമാണ് അഭാവത്തെ ഗ്രഹിക്കുന്ന മാനം പ്രമാണം അതുകൊണ്ട് ഗമ്യം ഗ്രഹിക്കാവുന്നത് അല്ല അഗമ്യം അഭാവത്തെ ഗ്രഹിക്കുന്ന പ്രമാണം കൊണ്ടൊന്നും അജ്ഞാനത്തെ ഗ്രഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് അജ്ഞാനം എന്ന് പറയുന്നത് അഭാവമല്ല ഭാവമാണ് എന്ന് പറഞ്ഞാൽ അജ്ഞാനം എന്ന് പറയുന്നത് അഭാവമായിരുന്നെങ്കിൽ അഭാവത്തെ ഗ്രഹിക്കുന്ന പ്രമാണം കൊണ്ട് അതിനെ ഗ്രഹിക്കാം അല്ലേ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഘടത്തിൻ്റെ അഭാവമുണ്ട് അഭാവമാണത് ഇനി ഞാൻ എങ്ങനെ ഗ്രഹിക്കും പ്രത്യക്ഷ പ്രമാണം കൊണ്ട് ഘടാഭാവം എന്ന് പറയുന്നത് ഭൂതലത്തിലുള്ള ഘടാഭാവം അഭാവമാനഗമ്യമാണ് പ്രത്യക്ഷം കൊണ്ട് ഗ്രഹിക്കാം ഇത് താർക്കിയം പറയുന്നതനുസരിച്ച് മീമാംസം പറയുന്ന അനുസരിച്ചാണെങ്കിൽ അത് വിശദമായി വേദാന്ത പരിഭാഷയിലും മറ്റും ചർച്ച ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ അത്രയും വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല മനസ്സിലാക്കുകയാണെങ്കിൽ അഭാവത്തെ പ്രത്യക്ഷമായി ഗ്രഹിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല അഭാവം എന്ന് പറഞ്ഞാൽ അഭാവമാണ് ഇന്ദ്രിയവും അഭാവമായിട്ട് സന്നി ഘർഷം ഉണ്ടാവത്തില്ല ഉണ്ടാവും ഇന്ദ്രിയം എന്ന് പറയുന്ന ഒരു ദ്രവ്യമാണ് അതിനഭാവമായിട്ടെങ്കിലും സന്നിഹർഷം ഉണ്ടാവും അത് അവിടെ എന്ത് ചെയ്യണം പ്രമാണത്തെ സ്വീകരിക്കും അനുപലബ്ധി പ്രമാണം ഘടവും നാസ്തി ഇവിടെ നോക്കിയിട്ട് പറയുന്നത് എന്താണ് ഘടവും എന്താ കാരണം അനുപലബ്ധേ ഉപലബ്ധിയുടെ അഭാവം കൊണ്ട് ഘടോപലബ്ധിയുടെ അഭാവം അത് തന്നെ അവിടെ പ്രമാണം പിന്നെ അതെന്ത് തരുന്ന ഉപലബ്ധിയാണ് യോഗ്യാനുപലബ്ധി അത് ഇതെന്നൊക്കെ പറഞ്ഞു പിന്നെ അതിൻ്റെ ചർച്ചകൾ വിശദമായി പോകും ഇപ്പം അങ്ങോട്ട് പോകാനുള്ള സൗകര്യം നമുക്കില്ല അത് വേണമെങ്കിൽ വേദാന്ത പരിഭാഷ വിശദമായി ചർച്ച ചെയ്യും അദ്വൈതേ ഉള്ളു അതിനെ അങ്ങ് സ്വീകരിക്കുന്നത് കുമാരുള്ള ഭട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതിക്ക് അത് വേദവാക്യമാണ് അദ്വൈതിയും പറയുന്നത് എന്താണ് അഭാവത്തെ ഗ്രഹിക്കുന്നത് അഭാവം കൊണ്ടാണ് അനുപലബ്ധി എന്ന് പറയുന്ന പ്രമാണം കൊണ്ടാണ് ഇവിടെ എന്താതുമായിട്ട് ബന്ധം ഇവിടത്തെ അജ്ഞാനം എന്ന് പറയുന്നത് അനുപലബ്ധി എന്ന് പറയുന്ന പ്രമാണം കൊണ്ടും ഗ്രഹിക്കാൻ പറ്റിയില്ല പ്രത്യക്ഷ പ്രമാണം കൊണ്ടും ഗ്രഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ജ്ഞാനാഭാവം എന്ന് പറയുന്ന സാധനം കട്ടിപിടിച്ച ജ്ഞാനമാണ് അല്ലാതെ അഭാവം അല്ല എന്ന് ഏതോ ഒരാളൊരു അനുമാനം നടത്തി അതും ഏതോ ഒരാള് ഏതോ ഒരാളെന്ന് പറഞ്ഞപ്പോ ആരൊന്നും പറയാൻ പറ്റും ആർക്കെതിർക്കുന്നെല്ലാം അദ്വൈതിയുടെ അഭിപ്രായം പറയാൻ പറ്റും പറ്റില്ലല്ലോ ഏതോ ഒരാൾ അതുകൊണ്ടുതന്നെ പറഞ്ഞു കൈശിത് ഹനുമാനൻ രചിതം ആരോ ഒരാൾ അദ്വൈതി പറയുകയാണെങ്കിൽ ഇതിന് കുറച്ചുകൂടി അന്തസ്സായിട്ട് പറയും അതുകൊണ്ടാണ് പറയുന്നത് എന്ത് കൈശ ഏതോ ഒരുത്തം പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങൾക്കതുമായിട്ട് അങ്ങനെ പറയുന്നത് അതാണ് കൈശ അദ്വൈതി ഇനി പറയാൻ പോവുകയാണ് സിദ്ധാന്തം ഏത് സിദ്ധാന്തമല്ല സിദ്ധാന്തത്തിൽ വരുമ്പോഴാണ് നയ്യായികൻ വെള്ളം കുടിക്കുന്നു ഇപ്പോ അത്രയൊന്നും ആയില്ല ക്രൈസ്തു ഹനുമാനൻ രക്തം ഇന്നത്താവത് അജ്ഞാനം ജ്ഞാനാഭവ അഭാവമാന അഗമ്യത്വ സമ്പ്രതി പന്നവ ദിഷ്ടാന്തം ഘടത്തിയെടുക്കുക അവിടെ നോക്കുക സാധ്യമുണ്ടോന്ന് നോക്കുക ദുഷ്ടാന്തി സാധ്യം അഭാവമാണോ ഘടം സംശയമുണ്ടോ ഘടം ഞാനാഭാവണോഭാവമാണോ ഘടം എന്നൊരു ഞാനാഭാവം അല്ലല്ലോ അപ്പൊ ഞാനാഭാവ ഭാവം ഏതുകൊണ്ടോന്ന് നോക്കുക അഭാവ മാന അഗമ്യത്വം അഭാവത്തെ ഗ്രഹിച്ച പ്രമാണം കൊണ്ടാണോ ഘടത്തെ ഗ്രഹിച്ചത് അല്ലല്ലോ അഭാവത്ത് ആഗ്രഹിക്കുന്ന പ്രമാണം കൊണ്ടല്ല ഘടത്ത ഗ്രഹിക്കുന്നു അഭാവവും ഘടവും ഒരേ ഇന്ദ്രിയോട് തന്നെ എന്നാലും വ്യത്യാസമുണ്ട് അവിടെ അവിടെ വിശേഷി ഗാർഹ്യം പറയുന്നതനുസരിച്ച് അവിടെ വിശേഷണത സന്നികർഷം അതൊക്കെയുണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ചക്ഷേന്ദ്രിയം വേണം അവിടെ എന്താണ് സംയുക്ത വിശേഷണത തുടങ്ങിയ വ്യത്യാസം എന്തായാലും അഭാവത്തെ ഗ്രഹിക്കുന്ന കണ്ണല്ല കടത്തെ ഗ്രഹിച്ചത് വ്യത്യാസമാണ് അഗമ്യത്വം വന്ന് പിന്നെ അനുപലബ്ധി കൊണ്ടും അല്ല ഗ്രഹിക്കുന്നു പിന്നെ പക്ഷം എന്താണ് അജ്ഞാനം ഹേതു കൊണ്ടോ അഭാവമാന അഗമ്യത്വം അഭാവമാനം കൊണ്ടല്ല അനുഗ്രഹിക്കുന്നത് അജ്ഞാനത്തെ അഭാവമാനം അഗമ്യമാണ് പറയുന്നത് അഭാവോ ഹി അഭാവസ്യ പ്രത്യക്ഷസ്യവ വിഷയ അഭാവം അഭാവസ്യ വിഷയ എന്നാരു പറയുന്നു ഭാട്ടമതക്കാർ അഭാവം എന്ന് പറഞ്ഞാൽ അനുപലബ്ധി പ്രമാണം അഭാവത്തെ അനുപലബ്ധി പ്രമ പ്രമാണം കൊണ്ടാണ് ഗ്രഹിക്കുന്നത് അതിനാണ് അഭാവം എന്ന് പറയുന്നത് അഭാവത്തെ അഭാവം കൊണ്ട് ഗ്രഹിക്കുന്നത് ഘട്ടവും നാസ്തി അനുപലബ്ധേ എന്ന് പറയുന്നത് അഭാവത്തെ അഭാവം കൊണ്ട് ഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇനി താർക്കികന്മാർ പറയുന്നതനുസരിച്ചാണെങ്കിലും അത് പ്രത്യക്ഷത്തിന്റെ വിഷയമാണ് അതാണ് അഭാവോഹി അഭാവസ്യ പ്രത്യക്ഷസ്യ പരേണേഷ മറ്റുള്ളവർ പറയുന്നു പറയുന്നു അജ്ഞാനം എന്ന മാനഗമ്യം മാനനിവർത്തിവാ സമ്പ്രതിപന്ന പതി അവർ തന്നെ പറയുന്നത് എന്താണ് അജ്ഞാനം എന്ന് പറയുന്നത് മാനഗമ്യം പ്രമാണഗമ്യം അല്ല എന്തുകൊണ്ട് അത് മാനനിവർത്തിയമാണ് പ്രമാണം കൊണ്ട് നശിച്ചു പോകുന്ന ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമാകും ഇരുട്ടെന്ന് പറയുന്നത് നശിച്ചു പോകുന്നതാണ് അതുകൊണ്ട് വെളിച്ചം കൊണ്ടുള്ള അതിനെ കാണുന്നു ചുറ്റിനെ കാണാൻ വെളിച്ചം വേണ്ട എന്ന് പറയുന്ന പോലെ ഒരു യുക്തി പൂർണമായും അങ്ങനെയല്ല അതുപോലെ പറയുന്നു അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ പ്രമാണത്തിലൂടെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തുവരും അജ്ഞാനം നശിക്കും ഇവിടെ ഇപ്പം ഘടമുണ്ട് എൻ്റെ പ്രമാണം പ്രവർത്തിക്കുമ്പോൾ എന്തുവരുന്നു ഘടത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നു അപ്പോൾ എന്ത് സംഭവിച്ചു ഘടത്തെക്കുറിച്ചുള്ള അജ്ഞാനം നശിച്ചു അപ്പോൾ ഞാനിത് അറിയുന്നവരോട് എന്തുണ്ടായിരുന്നു ഘടത്തെക്കുറിച്ചുള്ള അജ്ഞാനം ഉണ്ടായത് അറിഞ്ഞപ്പോ അജ്ഞാനം നശിച്ചു അപ്പോ ഈ എന്റെ പ്രമാണത്തിലൂടെ കടത്തെ അറിയാൻ പറ്റും കടത്തിന്റെ അജ്ഞാനത്തെ അറിയാൻ പറ്റൂ അജ്ഞാനം നശിച്ചു അതാണ് അവര് പറഞ്ഞതിന് വ്യാപ്തി പറയുന്നത് അജ്ഞാനം മാനഗമ്യം അജ്ഞാനം പ്രമാണഗമ്യം അല്ല എന്തുകൊണ്ട് മാന നിവർത്തിവാണ ണ് സംപന്നവത്ത് ദൃഷ്ടാന്തം പറയുന്നു എല്ലാവർക്കും സമ്മതമായ ദൃഷ്ടാന്തം എന്താണ് ശുക്തിരജത സംസർഭം ശുക്തിയിൽ രജതജ്ഞാനം ഉണ്ടാകുമ്പോ അത് ധരിക്കുന്നു ഓ ശുക്തി രജതമാണ് ഇത് ശുക്തിയെ രജതമായി ധരിക്കുന്നത് ഭ്രാന്തിയാണ് എന്നുവെച്ചാൽ അജ്ഞാനമാണ് അത് അജ്ഞാനമാണല്ലോ അപ്പോ യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകുമ്പോൾ ശുക്തിയുടെ ജ്ഞാനം ഉണ്ടാകും അപ്പൊ യഥാർത്ഥമായ ജ്ഞാനം കൊണ്ട് ശുദ്ധി രചത സംസർഗത്തെ അറിയാൻ പറ്റുമോ ഇല്ല യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകുമ്പോൾ അവിടെ രചതമില്ല ശുദ്ധി രചിത സംസർഗം പോയി ശുക്തിരചിതം തമ്മിലുള്ള സംസ ാണ് ഹിതം രജതം എന്ന് പറയുക എന്ന് പറഞ്ഞ എന്റെ അർത്ഥം അവിടെ അയാള് രജത്വത്തെ അറിയുന്നു എന്നാണ് രജിതത്തെ അയാൾ അറിയുന്നുണ്ടാണ് പറയുന്നത് എന്ത് ഹിതം രജതം അപ്പൊ അയാള് ശ്രമിക്കുകയാണ് ശുക്തിയിൽ രജതത്തെ അറിയ നടക്കൂ നടക്കൂല്ല അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു അയാൾ അറിയാൻ ശ്രമിക്കുമ്പോൾ അയാളറിയുന്നു ശുക്തിയെ പ്രമാണം കൊണ്ട് ഇപ്പോൾ രഹിത സംസർഗം പോയി അപ്പം ശുക്തിരഹിത സംസർഗത്തെ ഒരിക്കലും പ്രമാണം കൊണ്ടറിയാൻ കഴിയില്ല അതിപ്പോഴും അജ്ഞാനമായിട്ടേ ഭ്രാന്തിയുടെ വിഷയമാണ് നമുക്കൊരിക്കലും ശുക്തിരജത സംസർഗത്തെ യഥാർത്ഥമായി അറിയാൻ കഴിയില്ല എന്നർത്ഥം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം എന്താണോ ശുക്തിയിൽ രചത വരിക്കുന്നത് നമുക്കൊരിക്കലും കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല പറ്റുമോ അതൊരിക്കലും സാധ്യല്ല അജ്ഞാനം ഭ്രാന്തി സ്ഥലത്ത് ശുക്തിയിൽ രചത വരിക്കുന്നത് കാണാൻ കഴിയത്തില്ല അത് പ്രമാണഗമ്യം അന്മാർ എപ്പോഴാണോ അവിടെ പ്രമാണം പ്രവർത്തിക്കുന്നത് ഭ്രാന്തി സ്ഥലത്ത് കണ്ണ് പ്രവർത്തിക്കുന്നു വെളിച്ചം വന്നു കാണുന്നു എപ്പോഴാണോ പ്രമാണോ ആ നിമിഷം എന്തെയും ശക്തിരജത സംസർഗം പോയി പിന്നെ അവിടെ രചതജ്ഞാനമേ ഇല്ല ശുക്തിയിൽ രജതജ്ഞാനവും ഇല്ല ഒന്നുമില്ല അപ്പോ ചുരുക്കം പറയുന്നുണ്ട് എന്താണോ ഭ്രാന്തി യഥാർത്ഥ ജ്ഞാനം കൊണ്ട് നിവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രമാണം പ്രവർത്തിക്കുമ്പോ ഇല്ലാതാകുന്നു അവിടെ അജ്ഞാനം അങ്ങനെ വരുന്ന കാരണം എത്രകാല രചിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു അത്രയും കാലം ശക്തിയെ അജ്ഞാനം ഉണ്ട് അല്ലേ രചിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ശക്തിയെ കുറിച്ചുള്ള അജ്ഞാനമുണ്ട് എപ്പോഴാണോ പ്രമാണം പ്രവർത്തിക്കുന്നത് അവിടെ അത് നശിച്ചു അജ്ഞാനം നശിച്ചു അപ്പൊ പിന്നെ ഇനി ശുക്തിയും രജതവും തമ്മിലുള്ള ബന്ധം എങ്ങനെ അറിയും അങ്ങനെ ഒന്നുമില്ലല്ലോ പോയല്ലോ ആൾ പറയുന്നത് എന്താണ് അജ്ഞാനസ്യ അജ്ഞാനം നമാലഗമ്യം മാനനിവൃത്തിവ സമ്പ്രതി ഇത് കൈ ും നമുക്ക് യാതൊരു ബന്ധവുമില്ല ആരോ അങ്ങനെ പറഞ്ഞു ഇതിന് സമാനം എന്ന് പറയുന്നു അനുമന്യന് മറ്റിതിരി സമാനം പറയുന്നു അനുമന്യന് മറ്റു ചിലടേതിന് സമാധാനവും പറയുന്നു അംഗീകരിക്കുന്നില്ല അവരെന്താ പറയുന്നത് അജ്ഞാനമ്യത്വനുമാന പ്രയോഗ അയോഗ മനസ്സിലായോ വളരെ സിമ്പിൾ ഇവിടെ എന്താണ് അനുമാനം നടത്തിയത് അജ്ഞാനം ഇതൊരനുമാനമാണ് അല്ലേ അനുമാനം എന്ന് പറയുമ്പോ ഇത് പ്രമാണമാണ് നിങ്ങൾ എന്താണ് പറയുന്നത് അജ്ഞാനം മാനഗമ്യം അല്ല എന്ന് എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് അനുമാനം നടത്തുന്നു നാക്കില്ലെന്ന് പറയുമ്പോൾ ആയിരുന്നു അജ്ഞാനം മാനഗമ്യമല്ല എന്ന് പറഞ്ഞിട്ട് അജ്ഞാനമാകുന്ന പക്ഷത്തിൽ അനുമാനം നടത്തുന്നു മാനഗമ്യം അല്ലെങ്കിൽ പിന്നെ അജ്ഞാനമാകുന്ന പക്ഷത്തിൽ അനുമാനം പ്രയോഗിക്കുന്നത് എന്നുവെച്ചാൽ നിങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായ കാര്യമാണ് ആണ് ചോദിക്കുന്നത് ഈ പറഞ്ഞ കാര്യത്തെ എതിർക്കുന്ന ഒരു തദന്യനുമന്യന്റെ അജ്ഞാനമ്യേ അജ്ഞാനം മാനഗമ്യം അല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ തസാധനായ അനുമാന അപ്രയോഗ അജ്ഞാനം മാനഗമ്യം അല്ല എന്നുള്ളതിന് അജ്ഞാനത്തെ സം അജ്ഞാനത്തിലുള്ള ഒരു അനുമാനം ഇവിടെ അങ്ങനെ പറയാനുള്ള അജ്ഞാനം മാനഗമ്യം അല്ല എന്ന് പറയുന്ന ഒരു അനുമാനം നടത്താൻ പറ്റും കാരണം അവർ പിന്നീട് പറഞ്ഞു അജ്ഞാനം മാനഗമ്യമല്ല എന്തുകൊണ്ട് മാനനിവർത്തിയത്വം എന്നുള്ളത് അജ്ഞാനം അതിനെ പക്ഷമാക്കി നാനഗമ്യം സാധ്യം മാനനിവർത്തിവേതു ഇനവജ്ഞാനം മാനഗമ്യമല്ല എന്നുള്ളതിൽ അജ്ഞാനം മാന അഗമ്യം മാന നിവൃത്തിയെത്തുക അജ്ഞാനത്തിൽ ഒരു അനുമാനം നടത്താൻ പറ്റില്ല എന്തുകൊണ്ട് അതൊരു മാനത്തിനും വിഷയമേ അല്ല ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും അജ്ഞാനത്തെ സംബന്ധിച്ചൊരു അനുമാനം നടത്താൻ പറ്റില്ല എന്തുകൊണ്ട് മാനകമ്യം അല്ല അപ്പൊ അജ്ഞാനം മാനഗമ്യമല്ല എന്ന് പറയുകയും അക്കാര്യം സമർത്ഥിക്കാൻ വേണ്ടി അനുമാനം നടത്തുകയും ചെയ്യുന്നത് ഇതെന്താണോ പറഞ്ഞതിന് നേരെ വിരോധം പറയും അജ്ഞാനസി മാനാഗമ്യത്തെ തത്സാധനായ അനുമാന പ്രയോഗ അയുക ഇവിടെന്താ അനുമാനം നടത്തിയത് മാനംവൃത്തി പറയുന്നു ഞങ്ങൾ എന്താ പറയുന്നത് മനസ്സിലാകുന്നല്ലോ അജ്ഞാനം മാന ഗമ്യം അല്ല നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അത് നിയമമാണ് നേരത്തെ ഒരു അനുമാനം നടത്തിയുള്ളൂ അജ്ഞാനം നാനാഭാവ അഭാവ അവിടെയൊക്കെ ശരിയാണ് പക്ഷെ ഈ ഒരു അനുമാനം ഈ അനുമാനത്തിന് ഗമ്യമാണ് ഏത് അവസാനം പറഞ്ഞു അജ്ഞാനം നമാനഗമ്യം മാനനിവൃത്തിവ ഈ അനുമാനത്തിന് ഗമ്യമാണ് അന്ന് പറയുന്നത് ഇത്രയും ഞങ്ങൾ പറയും വേറെ ഒരു അനുമാനം ഇവിടെ പറ്റത്തില്ല ഈ ഒരനുമാനം ഏതാണ് അജ്ഞാനം എന്ന മാനഗമ്യം മാനനിവൃത്തിവ എന്തുകൊണ്ട് അജ്ഞാനത്തിൽ മാനനിവൃത്തിയത്വം ഉണ്ടല്ലോ അതുകൊണ്ട് ഏതെന്ന് മാനഗമ്യത്വം ഇത്രയും സ്വീകരിക്കും പൊതുവായിട്ടുള്ള എല്ലാം നടക്കും വിശേഷിച്ച് പറയണം ഈ ഒരു അനുമാനം ാലോ മാനഗമ്യത്വ മാനഗമ്യം ഭൗതീതി നോതീതി സോജനം വ്യാഖ്യാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും എന്താണോ നിങ്ങളവിടെ എന്താ പറയുന്നത് മാനഗമ്യം നഭോതി അതിന് വിരോധം വരുമല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമാനത്തിലായാലും വിരോധം വരും അജ്ഞാനം ന മാനഗമ്യം മാന നിവർത്തി എത്തുക ഇവിടെ തന്നെ വിരോധമുണ്ട് കാരണം ഇതൊരു അനുമാനമാണ് മാനഗമ്യം അല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെന്ത് ചെയ്യുന്നു അത് സ്ഥാപിക്കാൻ അനുമാനം നടത്തുന്നു അജ്ഞാനം മാനഗമ്യം അല്ല എന്ന് പറഞ്ഞിട്ട് ആ മാനകമ്യം അല്ല എന്ന് പറയുന്ന കാര്യത്തെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി അനുമാനം നടത്തും ഇത് വ്യാഘാതമാണുണ്ടോ അല്ലേ അജ്ഞാനം മാനഗമ്യമല്ല എന്നുള്ള കാര്യത്തെ സമർത്ഥിക്കാൻ വേണ്ടി അനുമാനം നടത്തിയിട്ട് പറയുന്നു അജ്ഞാന മാനഗമ്യം എന്നാണ് അപ്പൊ ഇതെന്താ ഇത് സംഗതി നാക്കില്ലാന്ന് പറയും പോലെ അല്ലേ പറഞ്ഞു പറഞ്ഞിവിടേക്കാ പോകുന്ന ഒന്നാണ് ഏതൊന് മാനഗമ്യത്തെ വെറിയ അജ്ഞാനം മാന ഗമ്യം ഏതമ്യത്വ ഒറ്റ അനുമാനം ഞങ്ങൾ കൂട്ടിയത് അതിൽ ഞങ്ങൾ സമർത്ഥിക്കും എന്താണോ മാനഗമ്യം ഭവതി ബാക്കി ഒരു അനുമാനത്തിനും മാനഗമ്യല്ല എന്ന് പറഞ്ഞാലും പറയുന്നു സാധ്യമെന്താ പറയുന്നു മാനഗമ്യന്നഭവതി മാനവെന്നോ ഏത് മാനവം എന്ന് പറഞ്ഞാലും സാധ്യമെന്താണോ മാനഗമ്യ എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഒരനുമാനാണോ ആണ് നിങ്ങൾ ഏത് പ്രയോഗിച്ചോ പ്രയോഗിച്ചോ അത് അനുമാനമാണ് ആണ് അതോടെ സാധ്യമെന്താണ് മാനകമ്യമല്ല അപ്പം നിങ്ങൾ പ്രയോഗിച്ചതാ അനുമാനം വ്യാഘാതമാണ് മാനഗമ്യം അല്ല എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി മാനം ഉപയോഗിക്കുക അതാണ് വ്യാഘാതം മാനഗമ്യ ഭൂതിരി വ്യാഘാത അപ്പോ അജ്ഞാനം ജ്ഞാനാഭാവമല്ല ഭാവരൂപമാണ് എന്നുള്ളതിന് നിങ്ങൾ അത് സമർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഹേതു എന്താണ് മാനഅഗമ്യമാണ് ഈ ഹേതു അത് സമർത്ഥിക്കാൻ സാധ്യമല്ല അജ്ഞാനം മാനഗമ്യമായാലേ നിങ്ങൾക്ക് അജ്ഞാനത്ത് ആകുന്ന ക്ഷത്തിൽ എന്തെങ്കിലും ഒരു അനുമാനം നടത്താൻ സാധിക്കൂ അതുകൊണ്ട് അനുമാനത്തിലൂടെ എന്താണ് അജ്ഞാനം അജ്ഞാനം ജ്ഞാനാഭാവം അല്ല മാനകമ്യംന്നല്ല അനുമാനത്തിലൂടെ അജ്ഞാനം ജ്ഞാനാഭാവം അല്ല എന്ന് സമർത്ഥിക്കുന്നത് ശരിയാവത്തില്ല അജ്ഞാനത്തെ ഭാവരൂപ അജ്ഞാനമായി സ്വീകരിച്ചു തന്നെ വേണം അജ്ഞാനം ജ്ഞാനാഭാവം അല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അജ്ഞാനത്തെ ഭാവരൂപമായ അജ്ഞാനമായി സ്വീകരിച്ചു എന്നാണ് ജ്ഞാനാഭാവം അല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അങ്ങനെ മനസ്സിലാക്കും അതൊരിക്കലും സാധ്യമല്ല നിങ്ങളതൊരു ഹേതു പറഞ്ഞത് മാനാഗമ്യം എന്നാണ് മാനാഗമ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു അനുമാനത്തിലൂടെ അജ്ഞാനം ഭാവരൂപാണെന്ന് ശ്രദ്ധിക്കാൻ കഴിയത്തില്ല എന്നർത്ഥം